അവർ തങ്ങളുടെ തൊലിയോടു ചോദിക്കും നിങ്ങളെന്തിനാണ് ഞങ്ങൾക്കെതിരായി സാക്ഷ്യം വഹിച്ചത് അവ പറയും എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളാഹുസുബാനഹുവ ചായാലയാണ് ഞങ്ങളെയും സംസാരിപ്പിച്ചത് അവൻ നിങ്ങളെ ആദ്യമായി സൃഷ്ടിച്ചവനാണ് അവങ്കലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്